കന്യപാനയെ പി കഴിയും കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പാലുകൾ പാലു കൊടുത്ത് കഴിഞ്ഞാലോ ഒന്ന് എനി കഴിഞ്ഞാലോ ശരിക്കും കഴിയും എന്തൊക്കെയോ കുട്ടി പതുക്കെ പതുക്കെ പതുക്കെ ശങ്കരം സ്മരാം ആരെങ്കിലും കുട്ടിയിൽ എടുത്ത് നാമം ലഭിക്കുകയോ കുട്ടിക്ക് എന്തെങ്കിലും ശിവ സ്ത്രോത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുകയോ ഭഗവാനെ കാണിച്ചോ എന്തെങ്കിലും ഒക്കെ ചെയ്യോ കാണിച്ചാൽ ആ പൂർവ്വ സംസ്കാരം ഉണ്ടെങ്കിൽ പുറത്ത് വരും രാമലിംഗസ്വാമികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ചിദംബരത്തിന് നടരാജന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയട്ടെ അയച്ചു കുട്ടിക്ക് വരുമ്പോയെ രാമലിംഗ സ്വാമികൾ തന്നെ പിന്നീട് ഒരു പാട്ടില് ഈ അനുഭവത്തിനെ പറയും ചെറിയ കുട്ടിയായിരിക്കുമ്പോ നടരാജന്റെ സന്നിധിയില് സഭാപതിയുടെ മുമ്പില് അമ്മയും കൂടെ കുട്ടിയെ കൊണ്ടുപോയപ്പോ അവിടെ ചിദംബര രഹസ്യം ഇടതുവശത്ത് അല്ലാതെ ഇടതുവശത്തേട്ടിരിക്കുന്ന തിരശീല അവർ പൊന്നിച്ച് കാണിക്കും നമുക്ക് എന്തോ അവിടെ വിജയം വെച്ചിരിക്കുന്നത് കാണാൻ അത്രേ ഉള്ളൂ ചിരാകാശ ദർശനമാണ് അവരാണ് തിരശീല നീക്കി കാണിച്ചു കൊണ്ട് അമ്മയുടെ അച്ഛന്റെ മടി ഒക്കെ കുട്ടി അതിന്റെ എഴുന്നേറ്റ് നിന്നിട്ട് ആനന്ദത്തില് സമാധി സുഖം അനുഭവിച്ചുകൊണ്ട് ഇതെത്രയോ കാലത്തിന് ശേഷം സ്വാമികൾ തന്റെ ഒരു പാട്ടില് പറയുന്നു ഒരു വയസ്സ് കഴിയാത്ത എനിക്ക് ഭഗവാൻ തന്റെ ദിവ്യനഗനം കാണിച്ചു തന്ന ചിദംബരം ദർശനം ദർശനം അപ്പൊ കുട്ടിക്ക് ഭാഗ്യം വേണമല്ലോ ഇതിപ്പോ എന്താവും സാധാരണ കുട്ടികളുടെ കഥ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ പ്രഹ്ലാദന് ഭക്തി സിദ്ധിച്ചു ബാല്യകാലത്തിൽ രാമലിംഗ സ്വാമികൾക്ക് ഭഗവാന്റെ ദർശനം സിദ്ധിച്ചു ചില കുട്ടികൾക്ക് ഭക്തി ഉണ്ടാവും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അമ്മയും അച്ഛനും സംസ്കാരം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും ഇല്ലെങ്കിലും റുദന ഫലവശ രുദന ഫലവശ കരഞ്ഞുകൊണ്ടേ അഗ്വാ അഗ്വാ കഴിയാതിരിക്കാൻ എന്ത് ചെയ്യും ഓൺ ചെയ്തിട്ട് കുട്ടി മുമ്പിൽ നല്ല പഴക്കം ചിലർ പറയുന്നത് കുട്ടിക്ക് മാസം മൂന്നാണെങ്കിലും ഭീതിയിട്ടാൽ കരയുന്നില്ല എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിലെ തുടർച്ച കാണമെന്നിരിക്കുകയാണെങ്കിൽ മരിക്കുമ്പോ എവിടെ നിർത്തിയോ അത് എത്രത്തോളമായി എന്ന് കാണാനാണ് പൂർവജന്മ വാസനം സംസ്കാരം ശങ്കര ശങ്കവ്യോ ബാല ഒരുവിധം വയസ്സായാലോ ക്രീഡാവസക്തമാണ് കളീതാണ് യൂസ് ചെയ്യുക പോട്ടെ കളിച്ചാൽ പോട്ടെ ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ ശൈലം അനിയുള്ള കഴിയുന്നില്ല കമ്പ്യൂട്ടറുടെ മുമ്പിൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൈയും കാലമൊന്നും ഇല്ലാതെ ലഭിക്കണം ഡാർലിന്റെ സിദ്ധാന്ത പ്രകാരം കാരണം അതൊന്നും ആവശ്യമില്ല ബ്രെയിൻ മാത്രം മതി അതും ബ്രെയിൻ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ബ്രെയിൻ ഇതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരേ കി ക്രീഡാസക്ത ക്രിക്കറ്റ് കളിക്കുന്നതിന് ക്രിക്കറ്റ് ക്രീഡികത അത് രസം ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ശരി അപ്പോ ക്രീഡാസക്ത കളിയിലുള്ള ഋഷി കാകണം അപ്പോ ആ സമയത്ത് ഭഗവത് ഭജന ഒന്നുമില്ല ഈശ്വര ഭജനം ഒന്നുമില്ല ഒരു പ്രഭാഷണം ചെയ്ത ആള് രസമായിട്ട് പറയും കുട്ടി ക കുട്ടിക്ക് ഭജിക്കണമെങ്കിൽ വലിയവരെ ആദർശം കാണിച്ചു അവര് ചീച്ചു കളിച്ചു കൊണ്ട് കുട്ടികൾ പോയി സന്ധ്യാപനം വേണ്ട അപ്പ എങ്ങനെ വേണ്ട സന്ധ്യാപനം വരില്ലേ പിന്നാലെ വന്നിരിക്കുമ്പോഴേ അവരുടെ അഭിപ്രായം ക്രീഡാസക്ത കാരണേന സരുണസ്ഥ സർണീസക്ത യൗവനത്തിൽ വന്നു ചെന്നാൽ അപ്പൊ അത് തെരുന്നപോടെ വിഷയവാസന യൗവനത്തില് അതിനനുസരിച്ചുള്ള വിഷയവാസന മൂടി നടക്കും തനഗാ പ്രൗദോഹം യൗവനസ്ത വിഷയവിഷധനൈ പഞ്ചതിർമർവന്ധോ ദോ നഷ്ടോ വിവേകുതധന യുവതീ സ്വാർത്ഥസൗഖ്യേ വിഷണ്ണ ശൈലീചിന് വിഹീനം മവ നിരയഹോ മാനഗർഹം ക്ഷന്തവ്യോ മേ അപരാധ ശിവശിവ ശിവഭോ ശ്രീ മഹാദേവംഭോ പ്രൗഢോഹം യൗവനസ്ത അഭിമാന അഹങ്കാര പ്രബലമാതി യൗവനമുസ് ഷധരയി വിഷയങ്ങളാവുന്ന പാമ്പുകള് അഞ്ച് ഇന്ദ്രിയ സ്ഥാനങ്ങളിലും ദർശിച്ചുകൊണ്ട് മന്മസന്ധവും ദ നഷ്ടോ വിവേക വിവേകം നഷ്ടപ്പെട്ട സൂതധർ യുവതി സ്വർഗസൗസ് പുസ്തകം സ്വപനം പൊസിഷൻ കാരിയർ പ്രാരബ്ധം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് എന്തൊരു വിഷമം നോക്കാം കുട്ടികൾക്ക് ഒരു പത്താം ക്ലാസ് കൊണ്ട് കഴിയുമ്പോഴേക്കും പേടിയാണ് എന്ത് ചെയ്യും ജീവിതം ഇതിനാണ് പൂർണ്ണക്കാലത്ത് ഋഷികൾ ഒരു ജീവിത സമ്പ്രദായം ഉണ്ടാക്കി ഇനി ഒന്നും പറഞ്ഞൊരു കാര്യമില്ല അതിന് സൗന്ദര്യം പറയണ അത്രയേ ഉള്ളൂ അതായത് ഒരു അച്ഛന് എന്ത് ജോലിയാണോ മകൻ അതേ ഇനി ഇനി ഒരു കാലം അത് വരാൻ പോകും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പരീക്ഷണം ചെയ്ത് കണ്ടുപിടിക്കും ഏറ്റവും ജീവിതം സുഗമമാക്കാനുള്ള വഴി അതാണെന്ന് കണ്ടുപിടിക്കും എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എന്ത് മകൻ ഡോക്ടറാണ് അച്ഛൻ ആചാരിയാണെങ്കിൽ മകൻ ആചാരിയാണ് അച്ഛൻ പരം രണ്ടു ഗുണം ഒന്ന് ആ ജീൻഡ് തന്നെ അതിനുള്ള വാസനയുണ്ടാവും ഇത് രണ്ടാം ഏറ്റവും വലിയ ഗുണം ആ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യമേ ഒരു ടെൻഷനേ ഉണ്ടാവും ഇത് കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിയുമ്പോഴേ അവരെ വിലട്ടിട്ട് എല്ലാവർക്കും രണ്ടെന്ന് അടുത്ത കാലം വരെ രണ്ടെന്നേ ഉള്ളൂ ഡോക്ടർ എഞ്ചിനീയർ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവാൻ പറ്റില്ല ആറ്റുള്ളവർക്ക് എന്ത് ചെയ്യും കുട്ടിയാണെങ്കിൽ വരട്ടാണെങ്കിൽ അച്ഛനും അമ്മയെ കുട്ടിക്കൊന്നും ആഗ്രഹം ഉണ്ടാവില്ല വെറൈറ്റി വെറൈറ്റി വെറൈറ്റി വെറൈറ്റി ഇത് രണ്ടവേ ഉള്ളൂ ഇപ്പൊ പിന്നെ കമ്പ്യൂട്ടറോ അതിനൊന്നും വലിയ വിലയില്ലാതെ കമ്പ്യൂട്ടറായി എല്ലാവർക്കും കമ്പ്യൂട്ടറാണ് അതിനൊന്ന് വലിയ യോഗ ലക്ഷിക്കണം ഇനി ഇങ്ങനെ പോവാം അപ്പൊ യൗഗനേഖന് ഈ ഇങ്ങനെ ജീവിക്കണം തന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പ്രാരബ്ധമനുസരിച്ച് എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ നടന്നതോ ഒക്കെ പോകും ഇനി കുറച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം പോലും അത് അത് കണ്ടുപിടിക്കും അതായത് പ്രധാനം ഒരു പറയുന്നുണ്ട് നമ്മളുടെ സെൽസ് ഒക്കെ സൂക്ഷ്മമായി പരീക്ഷിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകും ഒക്കെ അഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു അതിനൊരു ശക്തി നമുക്ക് വന്നിട്ടില്ല എന്താ ശരീരത്തിന്റെ തലത്തില് ഡിറ്റർമിനേഷൻ നിങ്ങളുടെ സ്വന്തം ഈച്ചയ്ക്കൊന്നും അവിടെ സ്വാതന്ത്ര്യമില്ല നടക്കാനുള്ളതൊക്കെ നടക്കാൻ പോകും അപ്പൊ എന്ത് വേണം സ്വതന്ത്രമായിട്ട് അതാണ് ഭക്തന്മാരെ പറയണത് ഭഗവാന് ശരണാഗതി ചെയ്തിട്ട് എതിർച്ചയാ എന്ത് വരുന്നു അത് ചെയ്യാം ഒരുപാട് ടെൻഷൻ ആവരുത് അത് എന്തോ നമ്മളുടെ തലയിലിരിക്കുന്ന പോലെ നമ്മളുടെ ചുമതലയിൽ ഇരിക്കുന്ന പോലെ വിഷമിക്കരുത് എതിർച്ചയാ വരും സുഖമായിട്ടിരിക്കാൻ ജീവിതവും സുഖമായിട്ടിരിക്കാനാണ് സ്വതന്ത്രമായിട്ടിരിക്കാനാണ് ശാന്തിയോടെ ഇരിക്കാനാണ് ഒരുപാട് തലയ്ക്ക് ലോഡ് കയറ്റിവെച്ചാൽ എന്തും ചെയ്യും കരുണസ്താവീശക്ത യൗവനത്തില് അല്ലാതെ വിഷയസുഖത്തിലുള്ള രുചിയിൽ ഇങ്ങനെ പോകും ഓട്ടെ വയസ്സാവുമ്പോഴോ വാർധക്യത്തിലെങ്കിലും ബുദ്ധി വരുന്നവരോ അല്ലെ വാർദ്ധക്യത്തിലോ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു വൃദ്ധസ്ഥാവിസക്ത എന്താ ഇത്തരം കാലം എന്തൊക്കെ ചിന്തിച്ച് പരിശീലിച്ചുവോ അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല വൃദ്ധസ്താവ ചിന്താസക്ത പലരേ ബ്രഹ്മണി കോവിനസക്ത പരം ബ്രഹ്മത്തില് എന്താ വെച്ചാലോ അവരവരുടെ അന്തരാത്മാവൽ അവനവരുടെ സ്വരൂപത്തിൽ ആർക്ക് ശ്രദ്ധയില്ല രൂപമാണ് ശങ്കരാചാര്യസ്വാമിയിൽ വെന്തിനും അദ്ദേഹത്തിന് ദുഃഖം സ്വയം രക്ഷിക്കാൻ ആരും തയ്യാറാവുന്നില്ലല്ലോന്ന് സംസാര സമുദ്രത്തിന് വീട് കിടക്കുമ്പോ വിഷമത്തിന് ദുഃഖം വരുമ്പോ അവരോട് വീരോടുകൊക്കെ പോയി അഭിപ്രായം ചോദിക്കുന്നു അവനവരോട് അഭിപ്രായം ചോദിച്ചു താൻ ആരാണ് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് താൻ എന്തിനും ജനിച്ചു എന്തിനും ജീവിക്കുന്നു മരണം എന്താണ് ജനന മരണങ്ങൾക്കൊക്കെ എവിടെ ശമനം ഇവിടുത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാമല്ല മാർഗമുണ്ടോ പരിഹരിക്കാൻ പറ്റും ഈ ചോദ്യം അത്ര എന്തുകൊണ്ട് ചോദിക്കും എന്തൊക്കെ ചോദിക്കും ഹാപ്പിഡ് ചോട്ടൽ എന്തിനു വേണമെന്ന് ചോദിക്കും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയുന്നു നല്ല നാടിനേരം വീണ്ടും നീ ചോദ്യമേ ഉണ്ടോ ഹാപ്പിഡ് ആയതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും എന്തൊക്കെ ചോദ്യം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ആലോചിച്ച് നോക്കാം എന്തൊക്കെ കണ്ടുപിടിച്ചു എന്തൊക്കെ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും സമുദ്രത്തിന്റെ ഉള്ളിൽ പോകും ഗാലാക്സിസ് മുഴുവൻ അന്വേഷിക്കും ചൊവ്വയേക്ക് പോകാൻ പറ്റും അവരുടെ ജീവൻ ഉണ്ടോ ഉണ്ടെന്ന് കുറച്ചു പേര് ഇല്ലാന്ന് കുറച്ചുപേര് ഇവരെ ആര് പറഞ്ഞിട്ടുണ്ടെന്നും വെളിച്ചെണ്ണ ശരീരത്തിന് നല്ലതാണെന്ന് പി സി സി എഴുതി സമർപ്പിച്ച ഒരാൾ ഡോക്ടറേറ്റ് വാങ്ങിയേ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ദൂഷ്യമാണെന്ന് എഴുതി ഡോക്ടറേറ്റ് വാങ്ങിച്ചത് രണ്ടും രണ്ടുപേർക്കും ഡോക്ടറെ എഴുതി നമ്മൾ ആരെ വിശ്വസിക്കണം വെളിച്ചെണ്ണ കഴിക്കണോ വേണ്ടോ ഇവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെങ്കിൽ നമ്മളുടെ ഗതി എന്താവും ആലോചിച്ച നമ്മളുടെ ഗതി എന്താണോ എന്തൊക്കെ കണ്ടുപിടിക്കുന്നു എന്തിനൊക്കെയാണ് നമ്മളുടെ ബുദ്ധി ചെലവാക്കുന്നത് ഒരാള് റിസർ എന്താണ് കൊതുക് എത്ര വെറൈറ്റിയിലുണ്ട് ജീവിതം മുഴുവൻ കൊതുകിനെ പിടിച്ചുകൊണ്ടേ പോകും മൂട്ടാറ് കൊതുകെ ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് അനാലൈസിസ് ചെയ്യും ഈ തന്നെ ഇത് തന്റെ ജീവിതം എവിടെ പോയി താൻ ഇതൊക്കെ ചെയ്തു അവസാനം ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമ്പോഴേക്കും തന്റെ ആയുസ് പൊടിപ്പോയി നഷ്ടമായി ജീവിക്കാൻ മറന്നുപോയി ഏതൊരു വലിയ ഫിലാസം ഉണ്ടോ അദ്ദേഹത്തിന് പേരെ എനിക്ക് പറഞ്ഞില്ല അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ ആളുകൾ നിർബന്ധിച്ച് ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചൊരു ടീച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറയുമ്പോൾ ആരുമില്ല കാരണം എന്താ അദ്ദേഹത്തിന്റെ വയസ്സെഴിഞ്ഞ എവിടെ തുടങ്ങി എവിടെ പോയി അവസാനിക്കുന്നു ആലോചിക്കുന്നു അപ്പൊ ലോകത്തിലുള്ള വസ്തുക്കളിലൊക്കെ ബുദ്ധി ചെലുത്തുന്നുണ്ട് എന്തൊക്കെ കണ്ടുപിടിക്കുന്നു എന്തിനൊക്കെ ബുദ്ധി പോകുന്നു ആട്ടത്തിന്റെ ഉള്ളിൽ പോയി ഗാലക്സീസ് മുഴുവൻ അന്വേഷിച്ചു അനേക വസ്തുക്കൾ അനേക സാമഗ്രികൾ കണ്ടുപിടിച്ചു അത്യത്ഭുതമായ സാമഗ്രികൾ ഇനി എന്തൊക്കെയാ വരാമോ എന്ന് അത്ഭുതമായിട്ടുള്ള ഫലതും സംഭവിക്കും പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ശാന്തി വേണമെങ്കിൽ സ്വയമേവ ഉള്ളിൽ വിചാരം ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് കിട്ടില്ല ബാക്കിയൊക്കെ മെഷീൻ കണ്ടുപിടിച്ചു ചില ഇവിടെ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു മെഷീനിൽ ഇരുന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ നല്ല ശാന്തി സമാധാനം അതൊരു മെഷീൻ കണ്ടുപിടിക്കാൻ വേണ്ടി പീസ് മേക്കർ പീസ് മേക്കർ ഉണ്ടാവും ശാന്തിയെ തരാം ഒരു വിധത്തിലുള്ള മെക്കാനിക്കലായിട്ടുള്ള സാധന ശാന്തിയെ നശിപ്പിക്കാൻ ഇതിനൊക്കെ കഴിയും എല്ലാത്തിനും കഴിയും സകല വസ്തുക്കൾക്കും കഴിയും ചിന്താസക്ത പരമേ ബ്രഹ്മണി പോകിന്റെ ശക്തമാണ് ഈ ശാസ്ത്രജ്ഞന്മാരും അവരും ഇവരുമൊക്കെ ഇത്തരം പേരും ഉള്ളതോ ഇപ്പോ പുതിയതായിട്ട് അമേരിക്കയിലൊരു സമ്പ്രദായം എന്താന്ന് വെച്ചാൽ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ അതായത് എല്ലാത്തിന്റെയും മൂല സാധനം കണ്ടുപിടിക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തൊന്നും കോടിക്കണക്കിന് പണം വാങ്ങിച്ചു അത്ര ഗോഡ് പാർട്ടിക്കിൾ ഒരാൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതാ ആ കണ്ടുപിടിച്ചാൽ തന്നെ അയാളുടെ സ്വന്തം കണ്ടുപിടുത്തമായിരിക്കും ഓരോരുത്തരും ഇനിയും ഇനിയും കണ്ടുപിടിക്കും കൊച്ചും പറഞ്ഞ് നിരൂപണം ചെയ്യേണ്ട സാധനമാണോ ചാപ്പാട് കഴിച്ചാൽ വേറെ എറിയും ഞാൻ റിസൾസ് ചെയ്ത് സ്വീകരിച്ചത് നമ്മൾ കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് പോയി നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് വേറെ അറിയൂ അപ്പോ പരമേ ബ്രഹ്മണി കോപ്പിന സക്തഹ നമുക്ക് ജീവിതത്തിന്റെ പരമ ഉദ്ദേശത്തിനെ മറന്ന് ഇവിടെ വന്നു വേറെ എന്തൊക്കെയോ ചെയ്തു കൊണ്ട് പോയിക്കോ കാലം കഴിഞ്ഞു പോകുന്നു ചട്ടു പോകുന്നു ഉള്ളിൽ ചുട്ടിട്ടാണ് പറഞ്ഞത് ചുട്ട് തിന്നുന്നു വിഷുവരുന്നു ഓണം വരുന്നു പറഞ്ഞാട് വരുന്നു കല്യാണം വരുന്നു എന്തൊക്കെ വന്നു അതൊക്കെ ഭാവം അദ്ദേഹത്തിന്റെ കാലത്ത് ഇപ്പൊ അതൊന്നും സമയമില്ലാത്ത നമ്മൾ വേറെ ഏതോ കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവസാനമല്ല ഒരു ദിവസം അവസാനിച്ചിരിക്കുന്നു അപ്പോ ധന്യമായ ഈ മനുഷ്യ ജീവിതം മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നു ഗോവിന്ദൻ ഭജ മൂഢമതയിൽ ആചാര്യസ്വാമികളുടെ ഒരു വിളിയാണ് നിങ്ങൾ ഗോവിന്ദനെ ഭജിച്ചു ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തി ആനന്ദിച്ചു സത്യത്തിന് നിത്യോത്സവം ഭഗത്യേഷാം നിത്യശ്രീ നിത്യമംഗളം ഏഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതോ ഹരി ആർക്ക് ഭഗവാൻ ഹൃദയത്തിലുണ്ടോ അവർക്ക് നിത്യം ഉത്സവമാണ് നിത്യം മംഗളമാണ് യോഗരതോമാരോമാ സംഗരതോ സങ്കലവീന യ്രഹ്മി രമത്തെ ചിത്രം നന്ദതി നന്ദതി നന്ദ ഭജ ഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഗൂഢമത്തെ യോഗം ചെയ്യുന്നവനാവട്ടെ ഭോഗം ചെയ്യുന്നവനാവട്ടെ സംഘത്തിന് നടുവിലിരിക്കുന്നവനാവട്ടെ സംഘം ഉപേക്ഷിച്ചവനാവട്ടെ എന്ത് പ്രവൃത്തി ചെയ്യുന്നവനാവട്ടെ ഏത് മണ്ഡലത്തിൽ വിഹരിക്കുന്നവനാവട്ടെ ആരുടെ ചിത്രം ബ്രഹ്മത്തിൽ രമിക്കുന്നു ബ്രഹ്മി രമതയെ ചിത്രം ആര് ഹൃദയത്തിൽ ആത്മാവിനെ കണ്ടെത്തിയിരിക്കുന്നു താൻ ആരാണ് തന്റെ സ്വരൂപം എന്താണെന്ന് വിചാരണം ചെയ്ത് ആര് കണ്ടെത്തിയിരിക്കുന്നു ആർക്ക് തന്റെ ഉള്ളിലുള്ള ഉമ്മ തന്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവിന്റെ നിശ്ചലത നിശ്ചലമായ ആ സത്യം അധിഷ്ഠാനം ആർക്ക് തെളിഞ്ഞിരിക്കുന്നു സനന്ദതി നന്ദതി നന്ദത്യേവ അയാള് നിത്യനിരന്തരം ആനന്ദം അനുഭവിച്ചു ആനന്ദം അനുഭവിച്ചു ഒരിക്കൽ ഒരിക്കൽ പറഞ്ഞാൽ പോലെ അതാണ് നന്ദതി നന്ദതി നന്ദേവൻ പൊങ്കി തടുമ്പി പൂരണമായി ഏകഗുരുവായി കിടക്കുകായിബുസ്വാമികൾക്കാക്കി എല്ലാവരും വിളിക്കുക എല്ലാവരും ഒരു ആനന്ദം അനുഭവിക്കാൻ നിങ്ങളോട് എന്തിനു ജീവിക്കണം ജീവിക്കുന്നതിന് എന്ത് പ്രയോജനം കാക്കം ഉറവ് കലണ്ട് ഉണ്ണക്കണ്ണി അഖണ്ഡാകാരൻ ശിവഭോഗം ശിവാനുഭവ പേരുമ്പ വെള്ളം പൊങ്കിച്ചതും പൂരണമായി ഏകഗുരുവായി കിടക്കരുത് അയ്യോ ഇന്ദുക്കിടനാം ഇനി എടുത്ത ിപ്പതേവാറും ജഗത്തീരേ ഒരു ജാതിലെയോ വർണ്ണത്തിലെയോ ഇക്കാരോ കൊഞ്ചം പേരോ അല്ല ചേരവാറും ജഗത്തീരേ ലോകത്തിലെ ഇക്ക എല്ലാ കമ്മ്യൂണിറ്റി എല്ലാ ഇറക്കുന്ന ബാല്യ കൗമാര യൗവന വാർത്തക്യ ഏത് വയസ്സുകൊണ്ടവരാണെങ്കിലും വരും ചേരവാറും ജഗത്തീരേ എന്താ അനിയത്വത്തോടെ എന്ന് വെച്ചാൽ കാക്കം ഉറവ് കലണ്ട് കുന്നക്കല്ലി നാല് വെച്ച ഒരു കാക്കി കിട്ടാല് ആ കാക്ക കാക്കാ കാക്ക എല്ലാ കാക്കകളെയും വിളിക്കുമ്പോ എനിക്ക് കിട്ടിയിരിക്കുന്നതോ അഖണ്ഡാകാര ശിവ ശിവാനുഭവ പേരിമ്പ വെള്ളം പൊഞ്ചി തടുമ്പി പൂരണമായി ഏക ഗുരുവായി കിടക്ക് അയ്യോ ആശ്ചര്യമാണ് അയ്യോ ഇങ്ങനെ കിട്ടിയിട്ട് അത് ഇങ്ങനെ കൊണ്ട് എന്റെ നിലയിൽ അടുക്കുന്ന അഖണ്ഡാകാര അവിഛിന്നം അഖണ്ഡം എന്ന് വെച്ചാൽ ഖണ്ഡിക്കപ്പെടാത്തത് ബാക്കിയുള്ള അനുഭവമൊക്കെ അല്പം കിട്ടിയാൽ കുറച്ചു കഴിഞ്ഞാൽ പോയി ഇതോ അവിച്ഛിന്നാനുഭവമായി നിത്യനിരന്തരാനുഭവമായി അഖണ്ഡാകാര ശിവാനുഭവ പേരിമ്പ വെള്ളം ശിവഭോഗം തേൻ ശിവാനുഭവം ശിവാനന്ദമാകുന്ന ആത്മാനന്ദമാകുന്ന പേരിമ്പ പേരിൻപം ആനന്ദം ആനന്ദത്തിന് വെള്ളം വെള്ളം എന്ന് വെച്ചാൽ ജലം എന്ന് പറഞ്ഞാൽ പറയാം തമിഴ്നാട്ടിൽ പോയി നമ്മൾ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലഡ് ആണത്ഥം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ തമിഴ് പോലെ അവിടെ പോയി പേരിൻപ വെള്ളം പൊങ്കി തടുമ്പി പൂരണമായി ഏകഗുരുവായി കിടക്കിത് അത് ഒരു ഇങ്ങനെ അകത്ത് കിടക്കുന്ന വെള്ളം ഇങ്ങനെ പൊന്നി വരുന്ന പോലെ പൊങ്ങി തതുമ്പി പൂരണമായി ഏക ഗുരുവായി കിഴക്കി അയ്യോ അതിൽ എടുത്തില്ല ഏകവും അത്വയവുമായ ആനന്ദം ആനന്ദത്തിന്റെ എന്താ വിപ്ലവം രസാനുഭവ വിപ്ലവം അതായത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആ ബ്രഹ്മാനുഭവം ഉണ്ടാവുമ്പോ രസാനുഭവ സംപ്ലവം രസാനുഭവ വിപ്ലവം അതായത് നിറഞ്ഞു തുളുമ്പ് ഏകഗുരുവായി കിടക്കുത് അയ്യോ ഇനി ദേഹം വിഴുമുന്നു ഈ ശരീരം വിഴുവും കുറച്ച് കഴിഞ്ഞാൽ എത്ര കാലം ഉണ്ടാവും പറയാമയ്യുചിപ്പതർക്ക് ചേരമാറും ജഗത്തിയിലെ എല്ലാവരും വരുക ഈ ശരീരം വീണ് നഷ്ടമാകുന്നതിന് മുമ്പ് ഈ ദേഹം എടുത്തതിന്റെ പ്രയോജനമുണ്ടല്ലോ ഈ പരമാനന്ദം അനുഭവിക്കണം എല്ലാവരും വരുക സകട പേർക്കും അനുഭവിക്കാമെന്ന് ഒരു ആനന്ദം കട തിരണ്ടേൻ കൊള്ളില്ല രാമലിംഗ സ്വാമികൾ തന്ന കട തുറന്ന് വെച്ചേക്കാൻ ആഴ് വാർത്തിയില്ലേ മഹാത്മാക്കൾ കറുക ഒ ഒരേ അഴിംഗ് ആഴ തകരണം ഇരിക്കേ ശിണു വിശ്വേ അമൃതസിയ പുത്ര ആയേ ാമാണി ദിവ്യാനി തസ്തു വേദാഹവേതം പുരുഷം മഹാന്തം ആദിത്യവന്ദം തനസപ്പരസ്ഥീ ലോകത്തിലുള്ളവരിൽ മാത്രമല്ല ദേവലോകങ്ങളുടെ ദേവിദേവലോകങ്ങളിലുള്ളവരൊക്കെ കേൾക്കട്ടെ ശ്രീവന്തു വിശ്വേ അമൃതസിയ പുത്രാഹ അമൃതാനന്ദത്തിന്റെ അരുമക്കുഞ്ഞുങ്ങളെ വേദാഹം ഏതം പുരുഷം മഹാന്തം ഈ പരമപുരുഷനെ അഹം വേദാനാണ് അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കണമെന്ന് എങ്ങനെ പറയുന്നു അഹങ്കാരമായിട്ട് നിന്നുകൊണ്ടല്ല താൻ അതായി തന്നെ ഇരുന്നുകൊണ്ട് തന്നെ താൻ കണ്ടെത്തി ആ അവസ്ഥയില്ല താൻ സ്വയമേവ ആ വസ്തുവായി നിന്നുകൊണ്ട് ആദിത്യവർണ്ണം സൂര്യനെ പോലെ എന്റെ ഹൃദയത്തിൽ ആത്മാവ് ജ്വലിക്കും അസ്തമിക്കാത്ത തത്വം ഉള്ളിലെ പ്രകാശിക്കും അപ്പൊ എല്ലാവരും അന്ന് അനുഭവിക്കാം പേരും അനുഭവിക്കട്ടെ അതിനെ അനുഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലാണ് പലതരം ബ്രഹ്മൻ ഗോപിന സത്ത േര് വരൂ മനുഷ്യാളം ചരശ്രേഷി കുറച്ചുപേര് വരൂ വരുന്നതിൽ പലരും ചലിച്ചു ചലിച്ച് ചലിച്ചെടുത്താൽ ഒന്നോ രണ്ടോ അവശേഷിക്കുമോ അതാണ് പലമേ ബ്രഹ്മനി കോപിന സക്ത അച്ഛാ സ്വാമികൾ തന്നെ പറയണത് ആർക്കിതിൽ എന്ത് പരമാത്മാവിൽ ആത്മസാക്ഷാത്കാരത്തിൽ മാത്രം രുചിയുള്ളവർ എത്ര പേരുണ്ടോ എല്ലാം ഓരോരോ പ്രായത്തിനനുസരിച്ചുള്ള അവിദ്യ വരുന്നു അത് നമ്മളെയും കൊണ്ടുപോകുന്നു അവസാനം പരമേ ബ്രഹ്മണി ആരോ കശ്യീര പ്രത്യകാത്മാന വഹിച്ചത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ഛന് കശ്യീര ഏതോ ഒരു ധീരൻ ബാക്കിയുള്ളവരൊക്കെ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് ആവൃത്ത ചക്ഷിയങ്ങളെയൊക്കെ ഉള്ളടക്കി തരുന്നതേ വീണു മനങ്ങോതിയുടെ അന്തർമുഖമാക്കി തിരിച്ചു അകമേ തിരിച്ച് സത്യത്തിനെ ഏതോ ഒരു ധീരൻ കണ്ടെത്തി ഞാൻ ദേഹമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല ശുദ്ധമായ പ്രജ്ഞയാണ് എന്ന് കണ്ടെത്തി കണ്ടെത്തിയപ്പോ എന്തായി പ്രപഞ്ചം മുഴുവൻ അത് ഇവിടെ ആ ആത്മാവല്ലാതെ മറ്റൊരു വസ്തു ഇല്ല ഭഗവാനല്ലാതെ മറ്റൊരു വസ്തുല്ല ഈശാവാസ്യമിതം സർവം യജ്ഞ ജഗത്യാം ജഗത് ഈ ഈശ്വരനെ മാറ്റി ഒരു പൊരുളും ഇവിടെ സത്യമായിട്ട് ഉമ്മയായിട്ട് സകല നാമരൂപങ്ങൾക്ക് പുറകിലും ചൈതന്യം നിറഞ്ഞു നിൽക്കണം അതിനെ തന്റെ ഉള്ളിൽ കണ്ടെത്തുന്നവൻ ഭാഗ്യമാണ് പുണ്യാചല മാർഗദർശിത മൂർത്തി എത്രയോ ജന്മങ്ങളിലുള്ള അനേക പുണ്യങ്ങളിലുള്ള ജന്മങ്ങളിലുള്ള പുണ്യത്തിന്റെ ഫലമായിട്ട് സത്സംഗം കിട്ടുന്നു സത്സംഗത്തിനും ബ്രഹ്മവിദ്യ പ്രകാശിക്കുന്നു ബ്രഹ്മവിദ്യ പ്രകാശിച്ച് ബ്രഹ്മനിഷ്ഠ ഏർപ്പെടും ആ ബ്രഹ്മനിഷ്ഠ ഏർപ്പെടാൻ ഒരു പക്വത വരണമെങ്കിൽ വൈരാഗ്യം ഉണ്ടാവണം വൈരാഗ്യം മാത്രം പോരാ ഭക്തി വേണം ഭക്തി മാത്രം പോരാ ജ്ഞാനം വേണം ഇത് മൂന്നും ചേർന്ന് നിൽക്കണം ജ്ഞാനം ഭക്തി വൈരാഗ്യം അതാണ് ഭക്തി ജ്ഞാന വിരാഗമാണ് സ്ഥാപനായ പ്രകാശിക്കണം ഭാഗവതം എന്തിനെ എഴുതി എന്ന് വ്യാസനോട് ചോദിച്ചപ്പോ വ്യാസൻ പറയുന്ന ഉത്തരമാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് രണ്ടും ഈ മൂന്നും ചേർന്നതാണ് ഇതിൽ മാറി നിന്നാൽ ശരിയാണ് ഭക്തി ജ്ഞാനവിലകാണ് ഒരു സ്ഥാപനായ പ്രകാശിക്കണം അപ്പോ ഇവിടെ ആചാര സ്വാമികൾ ഭഗവാനെ ഭജിക്കൂ ഗോവിന്ദം ഭജമജെ എന്നൊക്കെ നാളെ നമ്മൾ തുടർന്ന് കാണാം ഭദ്രനാളെ രാവിലെയും എട്ട് ഏഴ് മണി മുതൽ എട്ട് മണിവരെ അഭേദാശ്രമത്തില് അഭേദാനന്ദശ്രമത്തില് ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് ഭദ്രാളെ രാവിലെ ഏഴുമണി മുതൽ എട്ടര മണിവരെ ആ എട്ടര മണിവരെ ഏഴ് മുതൽ എട്ടര മണിവരെ രാവിലെ ഏഴ് മുതൽ എട്ടര മണിവരെ അഭേദാനന്ദശ്രമത്തില് പ്രഭാഷണം ഉണ്ടായിരിക്കും സത്സംഗം ഉണ്ടായിരിക്കും നാളെയും കൂടെ നമ്മൾ അനൗൺസ് ചെയ്യാം ഇന്ന് വന്ന് നാളെ ചിലപ്പോ ഇല്ലാത്തവർക്ക് വലിയ സത്യം ജ്ഞാനമനന്തം നിത്യമാകാശം പരമാകാശം ഗോഷപ്രാങ്കണലോലമനായാസം പരമായാസം ം ഭുവനാ ശണമോവിം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജവിന്ദം പരമാനന്ദം ഗോവിനന്ദ ഭജോവിന്ദ ഗോപാല ഭുവി ലീലാവിഗ്രഹ ഗോപാലോപീല ഗോവർജനധ മീലാളിതോപ ഗോപിജിത ഗോവിന്ദ സ്ഫുടനാമാനം പ്രഭുനാമാനം ഗോപീ ഗോഷവൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാ ഗോവിന്ദം പരമാനന്ദം ഗോപീ മണ്ഡലതോഷീഭേദം ഭേദാവസ്ഥേദാവം അശ്വത്ഥോ കുരയഭൂണിതൗഭാഗ്യം ഭക്തിഗൃഹീതമിന്യം ചിന്തിസദ്ഭാവം ചിന്മണിമിമാനം പ്രണമ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദവേദാത്ത സിദ്ധാത്ത ഘോഷരം തോഷണ ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു ചരത്തമേവ തോന്നും മമ കിഞ്ചിസ്തി യഥം കും സതേവത്മനാഥം കാര്യവാചാ മനസേവത്മാ കരോയം പരസ്മൈ നാരായ സമർപ്പമ സോവിന്ദന സങ്കീർത്തനം കീകസ്മരണമ പാർവത പതേ